അങ്ങനെ അഷ്ടമ സ്കന്ധം അവസാനിച്ചു നവമസ്കന്ധത്തിൽ സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ കഥകളൊക്കെ പറയുന്നു സൂര്യവംശത്തിൽ അനേകം മഹാപ്രൗഢന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു അതിലെ അംബരീഷന്റെ കഥസ്വദാക്യം അനുപുത്രനാഗാത മനുവിന്റെ പുത്രൻ നഭകൻ നഭകന് നാഭാകൻ ഒരു മകൻ നാഭാകന്റെ പേര് കവി എന്നാണ് കവി എന്ന് വെച്ചാൽ തന്നെ മന്ത്രദ്രഷ്ടാവ് എന്ന അർത്ഥം അകവി കവി വേദം പഠിക്കാനായിട്ട് വേദപാഠശാലയിലേക്ക് പോയി വേദപാഠശാലയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും വീട്ടിലുള്ള ഭാഗങ്ങളൊക്കെ പിരിച്ച് സഹോദരന്മാരൊക്കെ എടുത്തു കഴിഞ്ഞു വീട്ടിൽ വന്ന് അച്ഛനോട് ചോദിച്ചു എനിക്ക് എന്താ ഭാഗമുള്ളത് അച്ഛൻ പറഞ്ഞു ഏട്ടന്മാരോട് ചോദിക്കാൻ പറഞ്ഞു ഏട്ടന്മാരോട് ചോദിച്ചപ്പോ ഏട്ടന്മാര് പറഞ്ഞു തനിക്കാണ് ഞങ്ങള് ഏറ്റവും നല്ല ഭാഗം വെച്ചിരിക്കണത് എന്താ അതെന്ന് വെച്ചാ അച്ഛനെ നോക്കുക ബാക്കിയൊക്കെ പിരിച്ചെടുത്തു കഴിഞ്ഞു അപ്പൊ കവി അതിലും സന്തോഷിച്ചു അച്ഛന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു അങ്ങേ നോക്കാനുള്ള ചുമതലയാണ്പനിക്ക് ഞാൻ അങ്ങേ നോക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും സ്വത്ത് വേണമല്ലോ ഞാൻ എന്തു ചെയ്യണം പറയൂ അച്ഛൻ പറഞ്ഞു ഇവിടുന്ന് കുറച്ചു ദൂരം പോയാൽ അങ്കിരസ് ഗോത്രത്തിലുള്ളവര് സത്രം നടത്തുന്നുണ്ട് യാഗം യാഗത്തിലെ ആറാറ് ദിവസം കൂടുമ്പോ അവർക്കൊരു സൂക്തം ചൊല്ലണം ഇയാള് കവിയാണ് മന്ത്രദൃഷ്ടാവാണ് അവർ ആ സൂക്തമറിയാതെ അല്പം വിഷമിക്കുന്നുണ്ട് അവർക്ക് പോയിട്ട് ആ സൂക്തം ചൊല്ലിക്കൊടുക്കൂ എന്നാൽ അവര് താങ്കൾക്ക് വേണ്ടതൊക്കെ തരും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കവി അങ്കിരസത്രത്തില് പോയി അവരതേപോലെ ഈ ആറാറ് ദിവസം കൂടുമ്പോ സൂക്തമറിയാതെ വിഷമിക്കുക അച്ഛൻ സാമാന്യപ്പെട്ട ആളല്ല അദ്ദേഹം ഇവിടെ ഇരുന്ന് തന്നെ ഇതൊക്കെ പറഞ്ഞു അപ്പൊ കവി അവിടെ ചെന്ന് അവർക്ക് ആ മന്ത്രം പറഞ്ഞു കൊടുത്തു അവര് വളരെ സന്തോഷിച്ചിട്ട് പറഞ്ഞു യാഗശാലയിൽ ശേഷിച്ചതൊക്കെ അങ്ങൊക്കെ ഉള്ളതാണ് എടുത്തോളാം വെള്ളിപാത്രം സ്വർണപാത്രം രത്നങ്ങള് എന്തൊക്കെ ധാന്യം അതൊക്കെ കൊണ്ടുപോയിക്കൊള്ളാറ് ഭൂമി എല്ലാം അങ്ങൊക്കെയാണ് യാഗം കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോയി അത് എടുക്കാൻ പോയപ്പോ കറുത്തിട്ട് ഒരാൾ കയ്യിൽ ഒരു വന്നു എന്നിട്ട് പറഞ്ഞു ഇതൊന്നും തൊട്ടുപോകരുത് ഇതൊക്കെ എന്റെ ആണോ കവി പറഞ്ഞു എനിക്കാണല്ലോ തന്നിട്ട് പോയത് ശേഷിച്ചതൊക്കെ കൊണ്ടുപോയിക്കൊള്ളൂന്ന് പറഞ്ഞല്ലോ ഞാൻ അവർക്ക് മന്ത്രം ഉപദേശിച്ചു അവരെനിക്ക് തന്നു അപ്പൊ അയാള് പറഞ്ഞു അങ്ങനെ തരാൻ ആർക്കും അധികാരമില്ല കാരണം എവിടെ എവിടെ യാഗം കഴിഞ്ഞാലും ആ യാഗം കഴിഞ്ഞ സ്വമ്പത്തൊക്കെ എന്നെ ചേർന്നതാണ് അതെങ്ങനെ താങ്കൾക്ക് അവര് തരും ഇദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല അദ്ദേഹം തിരിച്ചുപോയി അച്ഛനോട് പോയി പറഞ്ഞു ഇത് അതുപോലെ ഒരാൾ വന്നിട്ട് തടുത്തു ഞാൻ എന്ത് ചെയ്യണം അപ്പോ നഭകൻ പറഞ്ഞു നമസ്കരിച്ച് ക്ഷമായാചനം ചെയ്യ ക്ഷന്തവ്യോ മേ അപരാധഹ ശിവശിവ ശിവഭോ ശരി മഹാദേവ ശംഭോ രുദ്രനാണോ വന്നിരിക്കുന്നത് അപ്പൊ ക്ഷമായാചനം എവിടെ എവിടെ യാഗം യജ്ഞം നടന്നു അതിന്റെ ശേഷിച്ചതൊക്കെ ശിവസ്വത്താണ് അപ്പൊ അത് ആറും എടുക്കാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെ പോയിട്ട് ക്ഷമായാചനം ചെയ്യൂ അതേപോലെ കവി തിരിച്ചുപോയി ക്ഷമായാചനം ചെയ്തു അപ്പൊ ഭഗവാൻ രുദ്രൻ വളരെ സന്തോഷിച്ചു ഈ സ്വത്തൊക്കെ കൊടുത്തു എന്ന് മാത്രമല്ല ദാമിത്തെ മന്ത്രദൃശേ ജ്ഞാനം ബ്രഹ്മസനാതനം കവിയാണ് എന്നുവെച്ചാൽ മന്ത്രദൃഷ്ടാവാണ് പക്ഷെ മന്ത്രദൃഷ്ടാവാണെങ്കിലും ബ്രഹ്മജ്ഞാനം ഉണ്ടാവണം എന്നില്ല മന്ത്രദർശന ശക്തി ഉണ്ടാവും പക്ഷെ ബ്രഹ്മജ്ഞാനിയാവണം എന്നില്ല ഭഗവാൻ ഇപ്പോ ബ്രഹ്മതത്വവും ഉപദേശിച്ചു കൊടുത്തു ആത്മതത്വവും ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ ഒരു ബീജം കുടുംബത്തിലെ എവിടെങ്കിലും ഒരിടത്ത് ബ്രഹ്മതത്വജ്ഞാനം സ്ഫുരിച്ചാൽ അത് പരമ്പര പരമ്പരയായി ഇങ്ങനെ വളരും അങ്ങനെ കവി സാക്ഷാത് ശ്രീപരമേശ്വരനിൽ നിന്നും ബ്രഹ്മജ്ഞാനം നേടിയ ആളാണ് അങ്ങനെയുള്ള നാഭാകൻ തന്നെയാണ് കവി നാഭാകന്റെ പുത്രനാണ് അംബരീഷൻ അപ്പൊ ജന്മനാ തന്നെ അച്ഛനെ ജ്ഞാനി അച്ഛനിൽ നിന്നും ബ്രഹ്മവിദ്യ സ്വീകരിച്ച് കുട്ടിക്കാലം മുതൽ അച്ഛൻ ചെലതൊക്കെ പറഞ്ഞു കൊടുത്തു ഭഗവാനെ ഉപാസിക്കാനുള്ള വഴികളൊക്കെ പറഞ്ഞുകൊടുത്തു അംബരീഷൻ കുട്ടിക്കാലം മുതൽ പരമഭക്തൻ സപ്തദ്വീപവീം മഹീം അവ്യയാം ഉച്ച ശ്രീയം ലബ്ധാം എടുത്താ തീരാത്ത ശ്രീയം അങ്ങനെ ഉണ്ടായിരുന്നിട്ടും അതൊന്നും കാര്യമായി കണക്കാക്കിയില്ലാണ് ഇതും മണ്ണാങ്കട്ടയും തുല്യം अमत वचिले स्वप्न संस्तुतमीत सकलमेत भक्त नीरा अबृधा प्रसाद चक्र भवितर सहस अंबर अंबरीशन, अंबरीशन आंबल अवड़ भगवा सुदर्शनधारिया भगवा मूर्ति वह पूजी അതിനഭിഷേകമുണ്ട് പൂജയുണ്ട് പുഷ്പാർച്ചന ഒക്കെ രാജാവേ ചെയ്യും രാജാവാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ പൂജിക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് വന്ന് നിൽക്കലല്ല ചില വീടുകളിലൊക്കെ അങ്ങനെ സമ്പ്രദായമുണ്ട് ആരെങ്കിലും വന്ന് പൂജിക്കും ദീപാരാധന സമയത്ത് ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ വരും അങ്ങനത്തെ ഏർപ്പാടൊന്നുമില്ല അംബരീഷനെ പൂജിക്കണു അംബരീഷനെ ഭഗവാൻ അഭിഷേകം ചെയ്യണു അംബരീഷനെ പുഷ്പാർച്ചന ചെയ്യുന്നു അംബരീഷനെ അമ്പലം തുടച്ച് എല്ലാം സ്വയമേവ രാജാവ് ചെയ്യണം രാജാവാണെന്നുള്ള അഭിമാനവും പോയി ഭഗവത് ദാസനാണ് എന്നുള്ള ഭാവം വരും അങ്ങനെ അംബരീഷൻ രാജ്യഭരണം ചെയ്തുകൊണ്ടിരിക്കുന്നു സദ്വാദ ശീവ്രതം ജ്ഞാനിയാണ് അംബരീഷൻ പരമപ്രശാന്തൻ ചക്രവർത്തിയായി ഇരുന്നു കൊണ്ടും ശാന്തനായിട്ടിരിക്കണം ഭാഗവത സമ്പ്രദായം അങ്ങനെ അതായത് ദരിദ്രനായിരുന്നാലേ ജ്ഞാനോ ഉണ്ടാവുള്ളൂ എന്നില്ല പണക്കാരനായിരുന്നാലേ ഇത് പറ്റുള്ളൂ എന്നില്ല രണ്ടു തലത്തിലുള്ളവരെയും കാണാം അംബരീഷനും കുചേലനും തുല്യം കുചേലൻ പരമദരിദ്രൻ അംബരീഷൻ മഹാസമ്പന്നൻ എന്നിട്ടും രണ്ടുപേരും ജ്ഞാനത്തിൽ തുല്യം രണ്ടുപേരും ഒരേപോലെ ഭഗവത് ഭക്തന്മാർ അങ്ങനെ അംബരീഷൻ ഇത്ര സമ്പത്തുണ്ടായിരുന്നിട്ടും ആ സമ്പത്തൊന്നും കാര്യമായി കണക്കാക്കിയില്ല അതൊക്കെ സ്വപ്നം പോലെയെന്ന് കരുതിയത്ര എത്രയൊക്കെ സമ്പത്ത് കൊട്ടാരം എടുത്താ തീരാത്ത രത്നങ്ങളില് അക്ഷയ രത്നാഭരണായുധാദിഷു അനന്ത അസന്മതി ഇതൊക്കെ അസത്വം ഇതൊന്നും കാര്യമില്ല എന്ന് കണക്കാക്കി എന്നാ ഇതൊന്നും കാര്യമില്ല ചിലരൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി അമ്പരീഷൻ ഉപേക്ഷിച്ചിട്ടൊന്നും പോയില്ല ആ സമ്പത്തൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ടും ഇതൊന്നും കാര്യമില്ല അതിലൊന്നും മനസ്സ് വെച്ചില്ല രാജാവ് അതേസമയം ഭംഗിയായിട്ട് രാജ്യഭരണവും ചെയ്യണം അംബരീഷൻ ആരൊക്കെയാണ് ഉദാഹരണം എന്ന് വെച്ചാൽ ഈ ഭഗവത്ഗീതയിൽ ഭഗവാൻ കർമ്മയോഗം പറയുമ്പോ സംസിദ്ധി ആസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാൻ കർത്തുമർഹസി കർമ്മം കൊണ്ട് തന്നെ ബ്രഹ്മജ്ഞാനത്തിനെ നേടി ജനകൻ മുതലായിട്ടുള്ളവർ എന്ന് പറഞ്ഞു ജനകൻ മുതലായിട്ടുള്ളവർ വെച്ചാൽ ജനകൻ അംബരീഷൻ ഋഷഭയോഗീശ്വരൻ ഇവരെയൊക്കെ ചേർക്കണം ആ ശ്രേണിയിൽ ഇവരൊക്കെ തന്നെ ചക്രവർത്തികളായിരുന്നിട്ടും അത്രയും പ്രവൃത്തി മണ്ഡലത്തിൽ ഇരുന്നിട്ടും കഠുവാങ്ങൻ ഇവരൊക്കെ അത്രയും പ്രവൃത്തി മണ്ഡലത്തിൽ ഇരുന്നിട്ടും യാതൊന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ ജ്ഞാനികളായിട്ട് എഴുതുന്നു അപ്പോ അംബരീഷൻ അങ്ങനെ ഒരു ജ്ഞാനി പക്ഷെ ജ്ഞാനിയായിരുന്നാലും ഗൃഹസ്ഥനായതുകൊണ്ട് ക്രിയാകലാപഭക്തി ഗൃഹസ്ഥനെപ്പോഴും ധ്യാനയോഗം പറ്റില്ല അതുകൊണ്ട് ശരീരത്തിനെയും പൂജിക്കണം ശരീരത്തിനെ വെച്ചുകൊണ്ട് ഭഗവാനെ അർപ്പിക്കണം പൂജ ചെയ്യ പ്രദക്ഷിണം ചെയ്യ നമസ്കരിക്കുക അമ്പലത്തിൽ പോവുക നമ്മൾ എല്ലാറ്റിനെയും കടന്നു പോയവരാണെങ്കിലും ഏതെങ്കിലും ഒരു മൂർത്തിയെ വെച്ച് ഒരു വിളക്ക് കൊളുത്തി ആരാധിച്ച് പുഷ്പാർച്ചന ചെയ്താൽ വരുന്നു കുട്ടികൾ കാണുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നി എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലാതെ ഭക്തിയെ ഒളിച്ചൊളിച്ചു വെച്ചാൽ ജ്ഞാനത്തിനെ ഒളിച്ചു വെക്കാം ഭക്തിയെ ഒളിച്ചു വെക്കാൻ പാടില്ല ഭക്തിയെ ഒളിച്ചൊളിച്ചു വെച്ച് കൊതുകു വിലയ്ക്കുള്ളിൽ മാത്രം ഇരുന്ന് ജപിച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും അവരും എട്ട് മണി വരെ ഉറങ്ങും എന്താ ചോദിച്ചാൽ അച്ഛൻ കൊതുകില വിലയ്ക്ക് ഇരുന്ന് എട്ട് മണി വരെ ഉറങ്ങണു അപ്പോ കുറച്ച് ഭക്തിയിൽ പുറത്ത് കാണണം നാമസങ്കീർത്തനം ജപം പൂജ ആരാധന കുട്ടികളെ വന്ന് നമസ്കരിപ്പിക്കുക ഒക്കെ കാണുമ്പോ പരമ്പര പരമ്പരയായി കുടുംബത്തിലെ ഭക്തി വരും ഒരു സംസ്കാരം ഭക്തി വരും ഞാൻ പറയില്ല ഭക്തി വേറെ വിഷയം ഭക്തി എന്നുള്ളത് വളരെ ആഴമായിട്ടുള്ള സംസ്കാരം വരും ഭക്തി വരും പറയാൻ പറ്റില്ല ഭക്തി വളർത്തിയെടുക്കാൻ പറ്റില്ല ഭക്തി ഉണ്ടാക്കാൻ പറ്റില്ല ഭക്തി വരേണ്ടതാണ് അത് സ്വയമേവ എത്രയോ ജന്മത്തിലെ അനേക ജന്മ സംസിദ്ധോ വ്യാധി സംസ്കാരം വരും കുട്ടികൾക്ക് ഏതോ നമസ്കരിക്കാനും വിനയത്തോടെ നിൽക്കാനും ഒരു റെഫറൻസ് ഒരു ബഹുമാനമൊക്കെ ഉണ്ടാവും അംബരീഷൻ ഗൃഹസ്ഥനായതുകൊണ്ട് അത് പൂജയും ആരാധനയും എല്ലാം ചെയ്യുന്നു വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു അടുക്കളയിൽ എത്ര നേരം എത്ര സൂക്ഷിച്ചാലും കുറച്ച് മേലെ കരിയാവും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറി നിന്ന് കുറച്ച് വ്രതമൊക്കെ ചെയ്യണം കുറച്ചൊന്ന് ശുദ്ധം ചെയ്തോളണം ഗൃഹസ്ഥന്മാര് പ്രത്യേകിച്ച് സന്യാസികൾ എപ്പോഴും ഏകാന്തത്തിൽ ഇരിക്കണതുകൊണ്ട് ഇനി അവർക്ക് ഏകാന്തം ആവശ്യമില്ല ഗൃഹസ്ഥന്മാർക്ക് എപ്പോഴും ഈ കലാപത്തിന്റെ ക്രിയക്ക് കർമ്മത്തിന്റെ നടുവരും ഉള്ളത് ഇടയ്ക്കൊക്കെ ഒന്ന് പിൻവലിഞ്ഞ് ചില വ്രതാനുഷ്ഠാനങ്ങള് ജപം ഏകാന്തത്തിലിരുന്ന് കുറച്ച് ദിവസം ജപിക്കുക ഭഗവാനെ ആരാധിക്കുക രാമകൃഷ്ണപ്രഹ്മംസര് പറയുന്ന പോലെ തനിച്ചിരുന്ന് തൈര് കടയണം തൈര് കടഞ്ഞിട്ട് വെണ്ണയായി കഴിഞ്ഞാൽ അതിനെ വെള്ളത്തിലിട്ടാൽ പൊന്തി കിടക്കും അല്ലാതെ വെറും തൈരില് വെള്ളമൊഴിച്ചാൽ കലങ്ങിപ്പോകും വെണ്ണ എടുത്തുകഴിഞ്ഞാൽ അതുപോലെ ജ്ഞാനമാവുന്ന വെണ്ണ എടുത്തു കഴിഞ്ഞാൽ നിസ്സംഗമായിട്ടിരിക്കാം അപ്പൊ അതുവരെ കുറച്ച് മെനക്കടവാണ് ഏകാന്തത്തിലിരുന്ന് ഒന്ന് സാധന ചെയ്യണം ഒന്ന് തപസ് ചെയ്യണം ഭഗവാനെ ആരാധിക്കണം അംബരീഷൻ അങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാം ഏകാദശി വ്രതം പന്ത്രണ്ട് മാസം ഏകാദശി വ്രതം അനുഷ്ഠിക്കാണ് അങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ദ്വാദശി ദിവസം പാരണം ഏകാദശി ദിവസം ശുദ്ധോപവാസം ഒന്നും കഴിക്കാതെ ഇരിക്കാം അതാണ് ശരിക്കും ഏകാദശി ചിലരുടെ ഏകാദശി കണ്ട അയ്യോ അവരുടെ ഏകാദശി നമുക്കുണ്ടാവില്ലേന്ന് തോന്നും അപ്പോ ശുദ്ധോപവാസമായിട്ട് ഒരു വർഷം ഏകാദശി എന്നിട്ട് ദ്വാദശി പാരണം ദിവസം പാരണ ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് വൃന്ദാവനത്തില് പൂർത്തി ചെയ്യാണ് ദ്വാദശി അങ്ങനെ വൃന്ദാവനത്തിൽ വെച്ച് അംബരീഷൻ ദ്വാദശി പാരണ പൂർത്തി ചെയ്യുന്നു പരമഭാഗവതനായ അംബരീഷന് തന്നെ രക്ഷിക്കാനുള്ള യാതൊരു ഇച്ഛയും ഇല്ല നമ്മള് മഹാബലിയുടെ കഥയിൽ കണ്ടു പരിപൂർണ ശരണാഗതി ചെയ്തപ്പോ ഭഗവാൻ പറഞ്ഞു രക്ഷിഷ്യേ സർവത്തോഹം ത്വാം തന്നെ സദാ ഞാൻ രക്ഷിക്കും കൂടെ രക്ഷിക്കും അതുപോലെ ശരണാഗതി ചെയ്തവർക്കൊക്കെ ഭഗവാൻ സുദർശന ചക്രത്തിനെ കൂടെ നിർത്തിയിട്ടുണ്ടാവും അംബരീഷന് മാത്രമല്ല നമുക്കൊക്കെ ഉണ്ടവിടെ സുദർശന ചക്രം अव भगवान सुदर्शन चक्रे निर्ती अब मरीशिन् रक्षक वृंदावन द्वादशी व्रतम स नमें दुर्वासाहर्षि अव तथ पारण दिनेवदर्चना दुर्वासा मुनिना भोक्त वृतृपेण पराशीलो മന്ദം ജഗാമയമുനിയം വിദസ്യൻ ദുർവാസാ മഹർഷി വന്നു ദ്വാദശി പാരണയ്ക്ക് ബ്രാഹ്മണ ഭോജനം ചെയ്തിട്ട് ചെയ്യുന്നത് വളരെ പന്ത്രണ്ട് പേരെങ്കിലും ഭോജനം ചെയ്യിപ്പിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ദുർവാസാ മഹർഷി അംബരീഷ മഹാരാജാവിന്റെ അടുത്തേക്ക് വന്നു വരുമ്പോ ഒരായിരം ശിഷ്യന്മാരും കൂടെ ഉണ്ട് തനിച്ച് വന്നാൽ നാലു പേര് വില വെക്കില്ല കൂടെ ഒരു ആയിരം പേരെ കൂട്ടിക്കൊണ്ടുവരണം അപ്പളേയും നമുക്കൊരു വിലയുണ്ടാവുള്ളൂ എന്നാണ് പോണടത്തൊക്കെ കൊറേ ആളുകൾ കൂട്ടിക്കൊണ്ടു പോകാം അങ്ങനെ ദുർവാസ മഹർഷി കൊറേ ആളുകളെയും കൂട്ടിക്കൊണ്ടു വന്നു ഒരായിരക്കണക്കിന് ശിഷ്യപ്പാരി അംബരീശൻ പരമവിനയത്തോട് പറഞ്ഞു അന്ന് അങ്ങ് ഞങ്ങളുടെ കൂടെ ഇന്ന് ദ്വാദശി പാരണ ചെയ്യണം അതിനെന്താ ചെയ്യാലോ യമുനയിൽ പോയി മാധ്യാനിക ഒക്കെ കഴിച്ച് ജപമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം മന്ദം ജഗാമാ എന്നിട്ട് പതുക്കെ അങ്ങോട്ട് നടന്നു അത്രേ കാറ്റ കൊണ്ടുകൊണ്ട് ഇല്ലാത്തിക്കൊണ്ട് യമുനാജലത്തിലേക്ക് നടന്നു ഈ ദ്വാദശി മുഹൂർത്തം തെറ്റാമ്പാടിലെ അദ്ദേഹത്തിന് അറിയാം കല്പിച്ചു കൂട്ടി പതുക്കെ നടന്നു പതുക്കെ നടന്നിട്ട് നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു യമുനയിൽ മുങ്ങിക്കിടന്നു കുറെ നേരം അടയോഗിയാണെങ്കി അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് ശ്വാസം അടക്കി പിടിച്ച് വെള്ളത്തിലെ എ സി ഒന്നും ആവശ്യമില്ല എവിടെ കുളമോ പുഴയോ കണ്ടാ മുങ്ങിടക്കാം അങ്ങനെ അതിനകത്ത് കുറെ നേരം ദുർവാസാ മഹർഷി മുങ്ങിക്കിടന്നു मुहूर्त जवमक कहियमी तत्रातपिने राजाद्वारणमकत्ण प्राप्त मुनद दिव्यदृशा विजान क्षिप्यृतजट वितता नृत्या പാരണയൊക്കെ കഴിയേണ്ട സമയമായി കഴിഞ്ഞു ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു ചോദിച്ചു അംബരീഷൻ ഞാൻ എന്തു ചെയ്യണം സമയം തെറ്റാൻ പാടില്ലല്ലോ മഹാപാപം ശാപ്പാട് കഴിച്ചാലും പാപം കഴിച്ചിട്ടില്ലെങ്കിലും പാപം ബ്രാഹ്മണനെ വിളിച്ചിട്ട് അതിനു മുമ്പ് ഷാപ്പാട് കഴിച്ചാൽ മഹാപാപം ഇപ്പൊ കഴിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും ഒരു വർഷം ഏകാദശി അനുഷ്ഠിച്ചത് ദ്വാദശി പാരണ ചെയ്തിട്ടില്ലെങ്കിൽ അതിലും തെറ്റും എന്ത് ചെയ്യാം ബ്രാഹ്മണർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല എങ്ങനെ ധൈര്യമായിട്ട് പറയും വരണ ആള് സാമാന്യപ്പെട്ട ആളല്ല ആരാ പറഞ്ഞത് ചോദിക്കും ഇയാളാണെന്ന് കൈകൂണ്ടിയേ പോയി അപ്പോ ഞങ്ങള് അറിയില്ല അല്ല ശാസ്ത്രം പറയണു അഭക്ഷിതം പ്രാഹുരഭക്ഷണം വിപ്രാഹ അശിതം ചെനാശിതം ചെ വെള്ളം മാത്രം കുടിച്ച തുളസി ജലത്തോടുകൂടെ സാളഗ്രാമത്തിന് അഭിഷേകം ചെയ്തിട്ട് വെള്ളം മാത്രം കുടിച്ചാൽ ഭക്ഷണം കഴിച്ച പോലെ ആയി കഴിക്കാത്ത പോലെ ആയി എന്ന് പറയണല്ലോ അപ്പൊ ഞാൻ ജലപാനം ചെയ്യട്ടെ എന്തോ ചെയ്തോളൂ ഞങ്ങളോട് ചോദിക്കണ്ട ചാളഗ്രാമ അഭിഷേകം ചെയ്ത് ജലം കുടിക്കുക ചാളഗ്രാമത്തിനേ മുഴുങ്ങി എന്ത് ചെയ്താലും ഞങ്ങളോട് ചോദിക്കരുത് ദുർവാസ മഹർഷിയോട് ഞങ്ങൾ പറഞ്ഞു എന്നയാള് പറയരുത് എന്ത് പറഞ്ഞാലും ഇയാള് പറയണില്ല ഇവരൊന്നും പറയണില്ല അവസാനം അംബരീഷന് ധർമ്മസങ്കടം ശാസ്ത്രം ഇങ്ങനെ പറയണു വാസ്തവം അവരത്രയും പറഞ്ഞു ജലം തുളസി ജലം എടുത്തു കുടിച്ചു കുടിച്ചില്ല എന്നായപ്പോഴേക്കും ദുർവാസ മഹർഷി അവിടെ വന്നു മഞ്ഞുനാ പ്രാത്രഹ എന്നാണ് കൊണ്ട് കോപം വന്നാൽ തലമുടി അറ്റം മുതൽ കാൽ നഖം വരെ അളകണു എന്നാണ് കോപം കൊണ്ട് പ്രചലദ്ഗാത്ര ഭ്രുഗുട്ടി കുട്ടിലാനന കോപിച്ച് വിരച്ചുകൊണ്ട് പറഞ്ഞു വിഷ്ണു ഭക്തൻ അത്രേ വേഷം എന്നെ ഊണ് കഴിക്കാൻ വിളിച്ചിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഭക്ഷണം കഴിച്ചു എന്റെ ശക്തി ഞാനിതാ കാണിച്ചു തരുണ്ട് എന്ന് പറഞ്ഞ് തലയിൽ നിന്നും ഒരു രോമം പറിച്ചെടുത്തു അംബരീഷൻ കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു സ്വാമി ഞാനൊന്നും കഴിച്ചിട്ടില്ല ജലം മാത്രമേ കുടിച്ചിട്ടുള്ളൂ അങ്ങ് വരാതെ ഞാൻ കഴിക്കോ അതൊന്നും അദ്ദേഹത്തിന് കേൾക്കണേയില്ല അദ്ദേഹം തലയിൽ നിന്ന് ഒരു രോമം പറിച്ചെടുത്ത് കൃത്തിക ഭയങ്കരമായൊരു അഗ്നി രാക്ഷസിയെ ഉണ്ടാക്കി അംബരീഷന്റെ നേരെ അങ്ങോട്ട് പറഞ്ഞു വെച്ചു ആ കൃത്തിക ഇങ്ങനെ ജ്വലിച്ചുകൊണ്ട് കയ്യില് കത്തിയുമായിട്ടങ്ങനെ വരുന്നു അസിഹസ്താം പദാഭുവം വേപയന്തി വേപയന്തിയും സമുദ്വീക്ഷ്യ സാധാരണ ഭക്തനാണ് ഈ ഗുരുവായൂരപ്പതിനെ രക്ഷിക്കൂന്ന് ഇങ്ങനെ കരയണ്ടേ അല്ലേ അങ്ങനെയാണെങ്കിൽ ശരണാഗതനല്ല എന്നർത്ഥം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നിടത്തോളം ശരണാഗതി വന്നിട്ടില്ല പ്രാർത്ഥനയൊന്നുമില്ല അംബീഷൻ ആ കൃത്തിക ഇങ്ങനെ ഇരിക്കാനായിട്ട് അഗ്നി ഇങ്ങനെ അടുത്തു വരുന്നു അത് കണ്ടിട്ട് കണ്ണൊന്നു ചെമിട്ടിയില്ല പേടിച്ചില്ല കരഞ്ഞില്ല പദ നൃപ നിക്കുന്ന ഇടത്ത് നിന്ന് ഒരടി പുറകോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വെച്ചില്ല ഒരു സ്റ്റെപ്പ് മുൻപോട്ടോ പിൻപോട്ടോ വശങ്ങളിലേക്കോ വെച്ചില്ല അങ്ങനെ നിന്നു അത് എരിച്ചു കളയാണെങ്കിൽ എരിച്ചു കളയട്ടെ ഭഗവാന്റെ ഇച്ഛയെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതൊന്നും ചിന്തിക്കലില്ല ചിന്തയേയില്ല പക്ഷെ ആർക്കാണ് ചുമതല രക്ഷിഷ്യേ സർവദോഹം ത്വാം സാനുഗം സപരിച്ഛതം സദാ സന്നിഹിതം ആ ചക്രം അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടു സുദർശന ചക്രം അഭിഷേകം ചെയ്യുന്ന മൂർത്തിയുടെ കൈയിൽ നിന്ന് പുറപ്പെട്ടു അതങ്ങനെ ടാന്ന് ശബ്ദം ഉണ്ടാക്കി വന്നു ഈ കൃത്തികയെ എരിച്ചു കളഞ്ഞ് സുദർശനം ഈ അയച്ച ദുർവാസാവിന്റെ പുറകെ പോണു തലയിലെ ഒരു രോമം എടുത്തൊരു രാക്ഷസീയം ഉണ്ടാക്കാൻ ശക്തിയുള്ള ദുർവാസ മഹർഷി അവിടുന്ന് എടുത്തു ഒരു ഓട്ടം മുണ്ടെടുത്ത് വരിഞ്ഞുകെട്ടി ഈ സുദർശന ചക്രം പുറകെ വരുന്നു അവിടുന്ന് ഓടി ഓടു ഓടുന് ഓടുന് ഓടയാണ കൃത്യാ ജതാമസിതരാ ദഹി അഗ്രേ വിവീക്ഷ നൃപത്തിന പദാകാദം അവിക്ഷ്യ സുദർശനം തേ കൃത്യാളം ശലഭയൻ മുനിമന് വധാവീത് ദൻ അശേഷഭുവനേഷ ഓടി ഓടി ഓടി ഓടി ഓടി ഓടി ഓടി സുദർശന ചക്രം പുറകെ വരണു വരുന്ന ദേവതകളൊക്കെ വഴിയിൽ ഇങ്ങനെ നിക്കുന്നു എന്താ ദുർവാസ പക്ഷെ വർത്തമാനം പറയാൻ സമയമില്ല ഇന്ദിര ലോകത്തിലേക്ക് ആദ്യം അടുത്ത് പോണ വഴിയിൽ ആദ്യം കാണുന്നത് ഇന്ദ്രന്റെ ലോകമാണ് അവിടെ പോയി ശക്ര ശക്രാ ശക്രാ വിളിച്ചു ചക്രം ചക്രം അവന്റെ പേര് ചക്ര ഇവിടുന്ന് ചക്രം വരണൂന്നാണ് ചക്ര ചക്ര എന്ന് വിളിച്ചു ദുർവാസാവെന്ന് പറഞ്ഞാൽ ഇന്ദ്രന് പേടി സിംഹാസനത്തിന് എടുത്ത് ചാടി ഇന്ദ്രനൊരു ഓട്ടം വെച്ചു കൊടുത്തു അവിടെ നിന്ന് നേരെ പോകുമ്പോ ഇന്ദ്രൻ എവിടെ ഇന്ദ്രൻതാ ഈ വഴിക്ക് ഓടി ദുർവാസാ മഹർഷി പിന്നെയും ഓടി ഓടി ഓടി ഓടി ഓടി ബ്രഹ്മാവിന്റെ ലോകത്തിൽ പോയി ബ്രഹ്മാവ് അവിടെ അല്പമൊന്നു പതറി എന്നാലും ദുർവാസ മഹർഷി വന്നതും എന്താ ദുർവാസാവി സൗഖ്യമല്ല സൗഖ്യമൊന്നും പറയാനിപ്പൊ നേരമല്ല സ്വാമി സുദർശന പുറകെ വരണു എന്താ സംഭവിച്ചത് ബ്രഹ്മാവ് ചോദിച്ചു അധികം വർത്തമാനം പറയണ്ട ചൂടണു പുറകെ വരുമ്പോ ഇവിടെ ഇങ്ങനെ ചൂടാത്രേ സുദർശന ചക്രത്തിന് ദുർവാസാവിനെ ഒന്നും ചെയ്യാൻ ഒരു ഉദ്ദേശവും ഇല്ല അല്ലെങ്കിപ്പോ ഈ ഓട്ടപന്തൊക്കെ വേണം വെറുതെ ഓടിക്കുകയാണെ ഒന്നും ചെയ്യാൻ ഉദ്ദേശവും ഇല്ല അത് ഇങ്ങനെ ചുടുന്നു പുറകെ അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല കുറച്ച് ഉപദേശിക്കാനൊക്കെ നിന്നു ബ്രഹ്മാവ് ഇങ്ങനെയൊന്നും പാടില്ല ഇങ്ങനെയൊന്നും ഭക്തന്മാർ അയ്യോ പ്രസംഗം കേൾക്കാൻ ഒന്നും നേരെ അവിടുന്ന് എടുത്തു ഓട്ടം നേരെ പോയി രുദ്രന്റെ അടുത്തേക്ക് പോയി ശ്രീ രുദ്രച രുദ്രന്റെ അടുത്ത് പോയി ഭഗവാനെ ശിവശിവാഹര മഹാദേവ പാർവതീപതയെ രക്ഷിക്കണം സുദർശന ചക്രം പുറകെ വരുന്നു ദുർവാസ മഹർഷി ഇരിക്കു വയം പ്രഭവാമഭൂമിനേ ജീവകോ അതായത് ഏകവും അദ്വയവുമായ ഒരു ബ്രഹ്മമുണ്ട് ആ ബ്രഹ്മത്തിന്റെ ശക്തി കൊണ്ട് ഈ പ്രപഞ്ചമൊക്കെ നടക്കുന്നു ആ മഹാസക് ആധാരമായിട്ടുള്ള ബ്രഹ്മവസ്തുവിനെ എനിക്കോ സനത്കുമാരനോ കപിലനോ നാരദനോ അപാന്തരതമനോ വ്യാസനോ ഇങ്ങനെ തുടങ്ങി അദ്ദേഹം പ്രഭാഷണം ചെയ്യാൻ കുറെ ദിവസം ആരെയും കിട്ടിയിട്ടില്ല ദുർവാസ വന്നപ്പോ അദ്ദേഹം പിടിച്ചിരുത്തിയിരിക്കും ഗോവിന്ദീർത്തനം തുടങ്ങി ദുർവാസ മഹർഷിക്ക് നിന്നിട്ട് ഇരിക്കപ്പുറതല്ല നിക്കപ്പുറതെയില്ല അദ്ദേഹം പറഞ്ഞു സ്വാമി പിന്നെ വന്ന് ഞാൻ പ്രസംഗം കേട്ടോളാം സുദർശന അതുമാത്രം എനിക്കറിയില്ല സുദർശന ചക്രത്തിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് എനിക്കറിയില്ല ഇനിയിപ്പ എന്ത് ചെയ്യും അവിടുന്ന് ഓടി നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി സന്ദഹ്യമാനോ അജിത ശസ്ത്രവണ് തത്പാദമൂലേ പതി സേ പറ്റു ആഹ അച്ഛ്യുത അനന്ത സീപ്സിത പ്രഭോ കൃതം മാ വജാനേ പരമാനുപയാഗംഭവ വിദേഹി താപിതി വിധ മു ഭഗവാന് അവിടുത്തെ മഹിമയറിയാതെ ഭക്തന്മാർക്ക് ഞാൻ അപചാരം ചെയ്തു ഭക്തന് ഞാൻ അപചാരം ചെയ്തു സുദർശന ചക്രം പുറകെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നെ രക്ഷിക്കണം ഭഗവാനും കുറെ നേരം ദുർവാസ മഹർഷിയുടെ കൂടെ ഒന്നും കളിച്ചു സുദർശനം ഒന്നും ഇവിടെ ഇല്ല മഹർഷി പേടിക്കണ്ട സുദർശനം അംബരീഷിന്റെ അവിടെ ഇവിടെ ഇല്ല ചില വീടുകളിലൊക്കെ ഉള്ളിൽ പോണെങ്കിൽ പേടിയായിരിക്കും ഉണ്ടോ മനസിലായിക്കോളും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവു ഉണ്ടോ ഇല്ലയോ എഴുതി വെച്ചിട്ടുണ്ടാവും ബീവെയർ ഓഫ് ഡോഗ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും വാസ്തവത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ പിന്നെ എന്തിനായി ഡോഗ്സ് എന്ന് എഴുതി വെച്ചിരിക്കണം എന്ന് മനസിലായില്ല എല്ലാരെയും ചേർത്തിട്ടാണോ മാത്രമായിട്ടോ മനസ്സിലായി അപ്പൊ അതിനകത്ത് പോകുമ്പോ ചോദിച്ചിട്ട് വേണം പോവാൻ അപ്പം ദുർവാസ ഇപ്പൊടിച്ചുണ്ട് സദീപ്ത പ്രഭോ കൃതാകസം സുദർശന ചക്രം ദുർവാസ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു സുദർശന ചക്രം ഇപ്പൊ വൈകുണ്ഠത്തിലേ ഇല്ല സുദർശന ചക്രം അവിടെ അംബരീഷിന് കൊടുത്തിരിക്കണു അതാണ് പറഞ്ഞു ഭഗവാനെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങക്കും പറഞ്ഞാൽ മനസ്സിലാവണല്ലോ പക്ഷെ പുറകെ വരണു അതിന്തിന് അങ്ങേ പോലെ പരമഭാഗവതന്മാരെ സുദർശനം ഒന്നും ചെയ്യില്ലോ അതൊന്നും എനിക്കറിയില്ല ഇപ്പൊ പുറകെ കൂടിയിട്ടുണ്ട് ദുർവാസാ മഹർഷിക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഭഗവാനെ രക്ഷിക്കണം അഹം ഭക്തപരാധീന ഹ്യസ്വതന്ത്രജ സാധു ബിർഗ്രസ്തഹൃദയോ ഭക്തൈ ഭക്തജനപ്രിയ ഹമാത്മാനമാശാസേ മത്ഭു ബിർവികീമൻ യാ ഗതിരഹം പരാ അഹം ഭധീന അസ്വതന്ത്ര ദ്വിജ ഹേ ബ്രാഹ്മണ യം ഭപരാധീനൻ ഇതൊക്കെ ഓരോ വാക്കും രത്നം अधीन, परा अधीन भक्त पराभक्ति अधीन अहम भक्त भक्त पराभक्ति या अम अस्वतंत्रिज ए स्वातंत्र भक्तन्न मावातंत्र याशिकणल अहम भक्तपराधीन कि साधु मारे अरैले अस्वतंत्रिर्ग्रस्तृदयो भक्तन्दयवाव अल पूटीट प्रणयरशनया धृताघ्रिप प्रेम आवल हृदय कक्तजनप्रिय पुत्र बंधुक स्वत् गृह സർവസ്വവും എനിക്ക് അർപ്പിച്ച് ശരണാഗതി ചെയ്ത ഭക്തന്മാരെ അല്ലാതെ എനിക്ക് വേറെ ആരെയും അറിയില്ല ഭഗവാൻ ഇങ്ങനെ ഒരു വാക്ക് തരുമ്പോ നമുക്ക് എന്ത് പേടിക്കാനുണ്ട് ഭക്തന്മാരെ വിളിച്ചാൽ പോവാൻ ഞാൻ തയ്യാറായിട്ടിരിക്കുന്നു ഭക്തന്മാരെ അല്ലാതെ എനിക്ക് ആരെയും അവർക്ക് എന്നെ അല്ലാതെ വേറെ ഒന്നും അറിയില്ല അതാണ് ഭക്തിയുടെ ലക്ഷണം ഭക്തി വന്നു കഴിഞ്ഞാൽ സ്വച്ഛന്ദ ചിത്തവൃത്തിയുടെ പ്രവാഹം ഭഗവാന്റെ അടുത്തേക്ക് മാത്രം വേറെ ഒരിടത്തേക്കും പ്രവഹിക്കുന്നില്ല വേറെ ഒന്നും ആശിക്കണില്ല അതാണ് ഭക്തിയുടെ ലക്ഷണം അരകുറകളാണ് പിന്നെയും അത് വേണം ഇത് വേണം അങ്ങട് വേണം ഇങ്ങോട്ട് വേണം ആശിക്കണം യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണം ഭഗവാനെ ജീവിതത്തിന്റെ ലക്ഷ്യമായി വരിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ ഭഗവാനെ ഉള്ളു വേറെ ഒന്നുമില്ല അരവേ ഉണ്ണൈ ചേർന്ന അടിയാർ മറ്റൊന്നും അറിയാതാർ മാണിക്യവാചകസ്വാമികൾ പറഞ്ഞു ഭക്തന്മാര് തനിയും അണ്ടന്മാരെ പോലെ ഇരിക്കും ലോകത്തിൽ അവർക്ക് വേറെ ഒന്നും അറിയില്ല ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അവർക്ക് ഭഗവാനല്ലാതെ ഒന്നും അറിയില്ല ഒന്നും അറിയാനൊട്ട് ആഗ്രഹവും ഇല്ല അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രം ഭഗവാന്റെ ഹൃദയത്തിൽ ഭക്തന്മാര് മാത്രം അവരുടെ ഹൃദയത്തില് ഭഗവാൻ സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം അഹം മതന്യത്തേന ജാനന്തി സാധുക്കൾ എന്റെ ഹൃദയത്തില് സാധുക്കളുടെ ഹൃദയത്തിൽ ഞാൻ അത്വൈതം ആത്മൈവമേ മതം സാധവ എന്നുള്ളത് പരാഭക്തന്മാരെ ജ്ഞാനികളെ കുറിച്ച് പറയണു ഭഗവാൻ അതായത് അവർക്ക് വേറെ ഒന്നുമില്ല ഈശ്വരൻ അല്ലാതെ ഭഗവാനല്ലാത്ത ഒരു വസ്തു അവരുടെ ഉള്ളിലില്ല അവർക്ക് വേറെ ഒന്നും അറിയില്ല അതുകൊണ്ട് അവരുടെ ഹൃദയം ഭഗവാന്റെ ക്ഷേത്രം ഭഗവാന്റെ ഹൃദയത്തിൽ നോക്കിയാൽ അവിടെ സാധുക്കൾ സാധവോ ഹൃദയം മഹ്യം ആഞ്ജനേയ സ്വാമിയുടെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ മാറു നെഞ്ചു പളർന്ന് രാമനെ കാണിച്ചു പക്ഷെ രാമന്റെ ഹൃദയം തുറന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല രാമന്റെ ഹൃദയം തുറന്നാൽ അവിടെ ഹനുമാൻ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല അതാണ് സീതാ രക്ഷയ്ക്ക് ശേഷം ആഞ്ജനേ സീതാ ദർശനത്തിന് ശേഷം ആഞ്ജനേയൻ തിരിച്ചു വന്നപ്പോൾ ം ചെയ്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു യേഷ സർവസ്വഭൂതസ്തു പരിശ്വംഗോ ഹനോമത പരിശ്വംഗം ആലിംഗനം ഭഗവാന്റെ കയ്യില് ഭക്തൻ ഭക്തന്റെ കയ്യില് ഭഗവാൻ അപ്പോ അത്ര കണ്ട് ഭഗവാൻ ഭക്തന് അധീനൻ എല്ലാവിധത്തിലും ഭഗവാൻ ഭക്തന് അധീൻ ഭക്തന്മാരുടെ കഥയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം ഭക്തന്മാർ എന്തു പറഞ്ഞു അതൊക്കെ ഭഗവാൻ ചെയ്യണം ഒരിക്കൽ ഭഗവാൻ ഭക്തൻ മഹാസാമർഥ്യക്കാരൻ ഭഗവാൻ ഭക്തനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തൻ ഭഗവാനേയും പിടിച്ചു പിന്നെ ഭക്തൻ പറയണതൊക്കെ ഭഗവാൻ ചെയ്യണം മാണിക്യവാചകസ്വാമികൾ പറഞ്ഞു ആരാണ് കൂടുതൽ സാമർഥ്യം ലാഭം നഷ്ടം ബിസിനസ് ചെയ്യുമ്പോൾ കൂടുതൽ ലാഭം കിട്ടണവൻ ബിസിനസിലെ സാമർഥ്യമുള്ളതാണ് ഭഗവാനെ അങ്ങക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല മാണിക്യവാചകസ്വാമികൾ തിരുവാചകത്തിലോ പറഞ്ഞു തന്തത് ഉന്തനെ കൊണ്ടത് എന്തനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും നടത്തിയപ്പോ ഭഗവാനെ അവിടുന്ന് അവിടുത്തെ എനിക്ക് തന്നു എന്നിട്ട് എന്നെ അങ്ങോട്ട് എടുക്കുകയും ചെയ്തു അപ്പൊ ആർക്കാ ലാഭം എന്നെ അങ്ങോട്ട് എടുത്തിട്ട് ഊതിയം യാതു എന്നെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങക്ക് എന്ത് ലാഭം ഒന്നിനും കൊള്ളാത്ത ഒരു വസ്തുവിനെ അങ്ങോട്ട് എടുത്തു എന്നിട്ട് തന്തത് ഉന്തനെ കൊണ്ടത് എന്തനെ എന്നെ അങ്ങോട്ട് എടുക്കുകയും ചെയ്തു അപ്പോ ലാഭം എനിക്കാണോ അപ്പോ കിട്ടിയത് പരമാത്മവസ്തു അളവില്ല പേരാനന്ദം പെറ്റേൻ ഞാനോ അളവില്ലാത്ത പരമാനന്ദത്തിനെ അനുഭവിച്ചു അവിടുന്ന് എന്ത് കിട്ടി അവിടുത്തേക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല അപ്പോ സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം തു അഹം മതന്യത്തെ നീഹം തേ്യോ മനാഗവി അവർക്ക് എന്നെയല്ലാതെ വേറൊന്നും അറിയില്ല എനിക്ക് അവരെയല്ലാതെ വേറെയൊന്നും അറിയില്ല ബാക്കിയുള്ളവരുടെ പേരൊന്നും ഭഗവാന്റെ ലിസ്റ്റിലും ഉണ്ടാവില്ല അതുകൊണ്ട് അംബരീഷന്റെ അടുത്ത് തന്നെ ചെന്ന് പ്രാർത്ഥിക്കാം ദുർവാസ മഹർഷി അവിടുന്ന് ഓടി അംബരീഷന്റെ കാലിൽ വന്നു വീണു അംബരീഷൻ ഒന്നു പതറിപ്പോയി സുദർശന ചക്രം വന്നപ്പോ പതരാത്ത അംബരീഷൻ ദുർവാസാവ് കാലില് വീണപ്പോ ഒന്ന് പതറിപ്പോയി അംബരീഷൻ ദുർവാസാവിനെ എഴുന്നേൽപ്പിച്ച് നമസ്കരിച്ചു സുദർശനത്തിനെ സ്തുതിച്ചു സുദർശനം പിൻവാങ്ങിപ്പോയി ദുർവാസ മഹർഷി അതിനുശേഷം അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ ഭഗവാന്റെ ദാസന്മാരുടെ മഹത്വം ഞാനെന്തും കണ്ടു എന്ന് സുഖമായി ശാപ്പാട് കഴിച്ചു ദുർവാസ മഹർഷി എന്നിട്ട് അവിടുന്ന് പോകുമ്പോ പാട്ടുപാടിക്കൊണ്ടേ പോയി എത്ര അദ്ദേഹത്തിന്റെ ശുദ്ധത നോക്കണം ഈ സംഭവം നടന്ന ശേഷം വഴിയിൽ കണ്ട വീടുകളിലൊക്കെ കയറിയത്രെ കയറിയിട്ട് ഇതുപോലെ ഞാൻ അംബരീഷന് ഇങ്ങനെ ചെയ്തു സുദർശന ചക്രം എന്നെ നാട് മുഴുവൻ ഓടിച്ചു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു നാട്ടിലുള്ള വീടുകൾ കാണുന്നവരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു അത്രേ അംബരീഷൻ ഞാൻ ഇങ്ങനെ ചെയ്തു എന്നിട്ട് സുദർശന ചക്രം എന്നെ ഓടിച്ചു ദുർവാസാവിന് ദുർവാസ എന്നുള്ള പേരിന് ശരിയായി ഉത്പത്തി അറിയാതെയാണ് പലപ്പോഴും ദുർവാസാവിനെ തെറ്റിദ്ധരിക്കണത് ദുർവാസസ് എന്ന് വെച്ചാ വസ്ത്രം വാസസ് എന്ന് വെച്ചാൽ വസ്ത്രം ചളി പിടിച്ച് കീറി ഒരു വസ്ത്രം കൊടുത്തു നടക്കും അത്ര അദ്ദേഹം എന്നിട്ട് എന്താണ് പണി എന്ന് വെച്ചാൽ പരമശുദ്ധൻ തന്നെ എല്ലായിടത്തും താഴ്ത്തിക്കൊണ്ട് ഭക്തന്മാരുടെ മഹത്വം ലോകത്തിന് പ്രകാശിപ്പിക്കാൻ വേണ്ടി നാടകം നടത്തിക്കൊണ്ട് നടക്കും അതാണ് ഭഗവാൻ ദുർവാസ എന്നിവിടെ പറഞ്ഞത് അങ്ങനെ ഒരു നാടകം നടത്തി അംബരീഷന്റെ മഹിമയെ പ്രകാശിപ്പിച്ചിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ട് നടന്നു നാടിനു മുഴുവൻ തന്നെ അതായത് ഇതൊക്കെ യോഗികളുടെ സൂത്രപ്പണിയാണ് അവരവരെ എത്ര കണ്ട് താഴ്ത്തുന്നു അത്ര കണ്ട് ഭഗവാന്റെ അടുത്താവാം ഭക്തന്മാരുടെ മഹിമയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ദുർവാസാവ് സ്വയമേവ തന്നെ താഴ്ത്തിക്കൊണ്ട് നാട്ടിലൊക്കെ പറഞ്ഞു നടന്നുവെന്നാണ് അംബരീഷന്റെ മഹിമ അങ്ങനെ അംബരീഷൻ ക്രിയാകലാപൈ സമൂവാഹക്തിരിഞ്ച്യാകാൻ ക്രിയാകലാപഭക്തി അനുഷ്ഠിച്ച് ബ്രഹ്മാവിന്റെ ലോകം വരെയുള്ള ലോകമൊക്കെ അമ്പരീഷന്റെ ലോകം കണ്ട നരകമാണോ തോന്നുക അത്ര അത്ര സുഖമായിട്ട് ജീവിച്ചാണ് ശാന്തിയോടുകൂടെ ശരണാഗതിയോടുകൂടെ അങ്ങനെ അംബരീഷ് ചരിത്രം